ിൽ പല പക്ഷങ്ങൾ പറഞ്ഞു തദ്ശേഷം പ്രതിപത്തി എന്താണ് ശരിക്കും ബ്രഹ്മ അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതിൽ പല അഭിപ്രായങ്ങളുണ്ട് അവയിൽ വിചാരിക്കുക ശരിയായ രീതി ചിന്തിക്കാതെ പ്രതിബോധ്യമാണ് എന്തെങ്കിലും ഒന്ന് ധരിച്ചു പോയാൽ വേണ്ടത്ര വിചാരം ചെയ്യാതെ ഏതെങ്കിലും ഒരു പക്ഷത്തെ സ്വീകരിച്ചാദ്യം പറഞ്ഞ പ്രാകൃതന്റെ പക്ഷം ചർവാകന്റെ പക്ഷം സാന്ത്യന്റെ യോഗത്തിന്റെ ശൂന്യവാദിങ്ങനെ പല പക്ഷങ്ങളുണ്ട് ഇതിന് ഒരു പക്ഷം ധരിച്ചാൽ അതിൽ നിന്നും അതിലെത്താതെ നശിച്ചുപോകും മോക്ഷം കെട്ടാതെ നശിച്ചുപോകും അനർഥം ചെയ്യുക ചിലപ്പോൾ അണിത്തത്തെ പ്രാപിക്കുകയും ചെയ്യും മോക്ഷത്തിൽ നിന്ന് പോവുക അണിത്തത്തെ പ്രാപിക്കുക മോശം എന്തായാലും കിട്ടത്തില്ല അതിനർത്ഥം മോശം കിട്ടിയില്ലെങ്കിൽ പോട്ടെ നരകത്തിൽ പോകാതിരുന്നാ മതിയല്ലോ ചെലപ്പോ നരകത്തിൽ അത്ര അപകടം പിടിച്ചതാണ് അർത്ഥം ആത്മാവിനെ അന്വേഷിച്ചു പോയിട്ട് ഒരാൾ നരകത്തിൽ പോയാ അത് നല്ലതല്ല ആത്മാവിനെ അന്വേഷിച്ചു പോയി നരകത്തിൽ പോകാൻ പാടില്ല അതാണ് ഇനി പറയാൻ പോകും നിങ്ങൾ ഇതിന് പറയുന്ന ഏതെങ്കിലും ഒന്നിന്റെ പിറകെ പോയി കഴിഞ്ഞ ശരിക്ക് ചിന്തിക്കാതെ മുക്തിക്ക് നേരെ വിപരീതമായി പോകും ചിലപ്പോൾ നരകത്തിലും അനർഥത്തെ പ്രാപിക്കും അതിപ്പോ എന്ത് പറയുന്ന പോലെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെവിടെ പോവും നരകത്തിപ്പും ഖുറാനെ സ്വീകരിച്ച് നബിയെ പ്രവാചകനായി സ്വീകരിച്ചില്ലെങ്കിൽ എവിടെ പോവും അതുപോലെ തന്നെ നിങ്ങളീ പറയുന്ന അദ്വൈതത്തെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെവിടെ പോവും നരകത്തിപ്പും എല്ലാവരും ഒന്നു തന്നെ പറയും ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ പ്രാപിക്കും എന്നാണ് പദ്വീലത്തെ സ്വീകരിക്കണം തസ്മാതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ഉപന്യാസ മുഖ്യ നിരകത്തിപ്പോന്ന് പറയുന്നൊരു ദോഷമില്ല നിങ്ങൾ ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തില് ദുഷ്പ്രവൃത്തികൾ ചെയ്തു മനുഷ്യർക്ക് ഉപകാരം ഇല്ലാത്ത ഉപഭദ്രമുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിരകത്തിപ്പോവും എന്നുപറയുന്നത് ദോഷമൊന്നുമില്ല അത് ഒന്നുമില്ലെങ്കിലും മനുഷ്യർക്ക് എന്തു വരും ഒരു പേടി വരും അപ്പം നല്ല പ്രവൃത്തി ചെയ്യാം എന്ന് മൂഢന്മാരെ ചിന്തിക്കും എല്ലാവരും അല്ല മഹാമൂഢന്മാരായ ഞങ്ങളെന്ത് വിചാരിക്കും ഈ ദുഷ്പ്രവൃത്തി ചെയ്താൽ നരകത്തിൽ പോകും നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൂടു പറക്കും അതിപക്ഷം എന്ത് ചെയ്യാം അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും ചെയ്യണ്ട നരകത്തിൽ വിശ്വാസമില്ലാത്തവനത് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് മൂഢൻ എന്ന് പറയുന്നത് നരകത്തിൽ വിശ്വസിക്കുന്ന മൂഢൻ എൻ്റെ കേൾക്കുമ്പോൾ പേടിച്ചിട്ട് അത് ചെയ്യാതിരിക്കും അത് സാമാന്യ ജനങ്ങളോട് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം എരിനരകാർദി പരന് പരം പരിതാപമേകിടുന്നോരീനരകാബ്ദിയിൽ പിണ്ണരിഞ്ഞെന്ന് പറയുന്നത് ശരിയാ കാരണം എന്താണ് ഒരു സുബോധമില്ലാത്ത മനുഷ്യരാണ് ആ മനുഷ്യരോട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം അവനു മനറിയുന്നതൊക്കെ ആത്മാവെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ അവരോട് എന്താ പറയേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഭദ്രകരമായി എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ നിരകത്തിൽ പോകുന്നേ പറ്റും അത് സ്വാഭാവികമാണ് മനുഷ്യന് നല്ലവഴിക്ക് നടത്താൻ വേണ്ടി പറയുന്ന കാര്യമാണ് ബോധമില്ലാത്തവരുടെ മറിച്ച് ഞാൻ പറയുന്ന ദൈവത്വങ്ങള് സ്വീകരിച്ചിട്ട് നിരകത്തിൽ പോകും അതേവമായാലും ശെരി ബ്രഹ്മമായാലും എന്നൊക്കെ പറയുന്ന എന്താണ് അത് അതുപോലല്ലേ ഇതിന് വ്യത്യാസമുണ്ട് ഇതിലെന്താണ് വ്യത്യാസം ഇതിലെന്താ വ്യത്യാസം ഒരു ബോധമില്ല ഇത്രയും കാലം അവിടെ ഇരുന്നു മറ്റത് ശരിയല്ല ഇവിടെ നിങ്ങള് പറഞ്ഞു പരമ്പരിതാപമേ കിടന്നോ അന്യ ദോഷം ചെയ്യാൻ നരകത്തിൽ പോവെന്ന് പറയുന്നത് എന്താണ് ബോധമില്ലാത്ത മനുഷ്യരോട് അങ്ങനെ പറയുന്നോണ്ട് അവർ കൊറേ നന്നാവും ഇവിടെ പറയുന്നത് അതുപോലല്ല ഇപ്പൊ പറഞ്ഞത് എന്താ വ്യത്യാസമൊന്നോ അതുകൊണ്ട് അതുകൊണ്ട് ും പറയുന്നത് ക്രിസ്ത്യാനി പറയുന്നതല്ലേ മുസ്ലിം പറയുന്നതല്ലേ ആ പരമത് സാരും ഏകമൊന്നുള്ള അറിയുന്നില്ല അതറിയുന്നില്ല മറിച്ചെന്ന് പറയുന്നു ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതനുസരിച്ച് പോയില്ലെങ്കിൽ നിരകത്തിൽ പോകുന്ന പറയുന്നത് അത് ശരിയല്ല ഇതെല്ലാരും പറയുമ്പോ എന്താണ് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിറകത്തിപ്പോ എന്തുകൊണ്ട് ക്രിസ്ത്യാന് പറയുന്നു ബാക്കിയുള്ളവരെല്ലാം നിറകത്തി പോകുന്നു മുസ്ലിം പറയുന്നു ബാക്കിയുള്ളവർ നിരകത്തി പോകുന്നു അദ്വൈനി പറയുന്നു ബാക്കി നിരത്തി പോകുന്നു അപ്പ ആരായി പോവാത്തത് എല്ലാരും പോകും എല്ലാവരും നരകത്തിലെത്തിക്കുന്ന വഴിയാണ് ഇതാണ് ശരി ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്ന പറയുന്ന ആ ചിന്ത ഇത് വളരെ ഇടുങ്ങിയ ചിന്തയാണ് മനസ്സിലായോ ഇത് മാത്രം ശരി ബാക്കി നിങ്ങളുടെ ചിന്താഗതി ഒക്കെ ഇവിടെ പല പക്ഷങ്ങളും പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്നത് എന്റെ ഒരു വിശേഷതയുണ്ട് എന്താണ് ലോകത്ത് മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കാതെ സമാധാനമായി ജീവിക്കണമെന്നുള്ള കാര്യമല്ല പറയുന്നു പിന്നെയോ മനുഷ്യന്റെ വിശ്വാസങ്ങളെ കുറിച്ചും ആ വിശ്വാസത്തിലൂടെ അവ എത്തിച്ചേരേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആ പറയുന്നത് രണ്ടും രണ്ട് തലമാണ് ഒന്ന് ഇഹലോക ജീവിതത്തിന്റെ കാര്യം പറയുന്നു മറ്റൊന്ന് പരലോക ജീവിതത്തിന്റെ കാര്യം പറയുന്നു അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യം പറയുന്നു അവിടെ എന്റെ വിശ്വാസമാണ് ശരി ഞാൻ പോകുന്ന വഴി തന്നെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായ ചിന്താഗതിയാണ് മനസിലായോ ഇത് വെച്ച് ഗുരുവിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക പല മതും ഏകമായിക്കോട്ടെ അനേകമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മാത്രം ശരി അങ്ങനെ കരുതരുത് അവർ പറയുന്നതിനും കുറച്ചു കാര്യം കാണും മറ്റവർ പറയുന്നതിനും കുറച്ച് കാര്യം കാണും ഞാൻ പറയുന്ന വഴിയെ പോയില്ലെങ്കിൽ നരകത്തിൽ പോയി എന്നാർക്കും പറയാൻ പാടില്ല എന്ത് കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങൾ അപ്പൊ ആത്മീയമായ കാര്യങ്ങളിൽ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുണ്ട് ചിലര് ബൈബിളില് വിശ്വസിക്കുന്നു ചിലര് ഊറാന് വിശ്വസിക്കുന്നു ചിലര് പുരാണങ്ങള് വിശ്വസിക്കുന്നു അപ്പൊ ആർക്കും പറയാൻ അവകാശമില്ല ഞാൻ വിശ്വസിക്കുന്നതിലൂടെ പോയില്ലെങ്കിൽ നിലകറ്റി പോകും എന്ന് പറയാൻ പാടില്ല കാരണം ഇതെല്ലാം എന്തിന്റെ വിഷയമാണ് കേവലം വിശ്വാസത്തിന്റെ ഉപദ്രവം ചെയ്യാന്ന് പറയുന്നത് എന്താണ് അത് പ്രത്യക്ഷ വിഷയമാണ് വേറെ ആളത്തി രോഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അത് പ്രത്യക്ഷമായൊരു വിഷയം ഈ ലോകത്തിൽ ഇളക്കുന്ന വിശ്വാസത്തിന്റെ വിഷയമാണ് ചിലപ്പോ മറ്റുള്ളവർ തീ അപ്പൊ അവന് നിലവെന്ന് പറഞ്ഞു പറയുന്നതിലൊരു യുക്തിയുണ്ട് രകം ഒന്നുണ്ടായാലില്ലെങ്കിലും അതിനൊരു യുക്തിയുണ്ട് പക്ഷെ വിശ്വാസങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം ദൈതത്തിൽ വിശ്വസിക്കണം മറ്റേ വിശ്വസിക്കണോ അത് വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ് നരകത്തിൽ പോകുമെന്ന് പറയുമ്പോ അവിടെയാണ് ഗുരു പേരുമായിട്ടൊക്കെ മാറി അതാണ് ശങ്കരാചാര്യനും ഗുരുവും തമ്മിലെ വ്യത്യാസം മനസ്സിലായോ ശങ്കരാചാര്യൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞോ ായതുകൊണ്ട് ഗുരു എന്തോ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായേ കാലത്തിന്റെ വ്യത്യാസം കൂടി ാലത്ത് ജീവിച്ചു പഴയ രീതിയിൽ ചിന്തിച്ചു വലിയ കനപ്പെട്ട ചിന്തയൊക്കെ ആണെങ്കിലും അടിസ്ഥാനപരമായൊരു പഴഞ്ചൻ കാഴ്ചപ്പാടാണ് ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടെ പോയാൽ മാത്രമേ അനർത്ഥം ഉണ്ടാകാതിരിക്കൂ അങ്ങനെ പറയാൻ പാടില്ല അതും മറ്റൊരുപാട് ഈ എഴുതിയ ശങ്കരായ കുറിച്ചോ കുരാളെ കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല എന്തുകൊണ്ടാണ് അന്ന് അവരുവിടെ ഇത്രയും പ്രചാരമില്ല എഴുതിയിട്ടില്ല അന്ന് അത്രയും മനുഷ്യർ ഇല്ല അതുകൊണ്ട് ആ വിഷയങ്ങളെ ഒന്നും ഒന്നും അറിയത്തില്ല ഇവിടെ പല കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇവിടെ പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു അപ്പൊ അവിടെ എന്ത് ആ പല കാഴ്ചപ്പാടുകളെയും തള്ളിക്കളഞ്ഞിട്ട് താനൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ട് ഇത് ശരി ഇത് മാത്രമാണ് ശരിയെന്നു അപ്പോ ഇത് ശരി ഇത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് ലൗകികമായ കാര്യങ്ങളിൽ പറയാം ദോഷമൊന്നുമില്ല പക്ഷെ ആധ്യാത്മികമായ കാര്യങ്ങൾ അങ്ങനെ പറയാൻ കേവലം വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ഒരാൾ ബ്രഹ്മമുണ്ടെന്ന് വിശ്വസിക്കുന്നു വേറെ ആശ്വസിക്കുന്നു അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന മനുഷ്യന്റെ എന്താണ് വിശ്വാസം എന്താണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസം എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഒരാൾക്ക് ഏതിനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോ അത് അന്ധമായ വിശ്വാസങ്ങളും കാണും ശരിയായ വിശ്വാസങ്ങളും കാണും എല്ലാം കാണും അപ്പൊ ഒരാൾ ഒരു വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്റെ വിശ്വാസം ശരി നിന്റെ വിശ്വാസം തെറ്റെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റും പറയുന്നത് ശരി ശരിയായ വിശ്വാസം എന്താണ് ശരിയാണ് തെറ്റായ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞുകൂടി അനന്ത വിശ്വാസത്തിന് ശരി തെറ്റും നിർണയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ട് കാരണം വിശ്വാസം എന്ന് പറയുമ്പോ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന എന്താണ് മനുഷ്യന്റെ അറിവില്ലായ്മയാണ് അത് ശരിയും തെറ്റും നിർണ്ണയിക്കുക വളരെ പ്രയാസം അറിവ് വരുന്നിടത്താണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ശരീരം തെറ്റും അറിവ് കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റും വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നു വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അതീന്ദ്രിയമായ ആത്മീയമായ പാരലൗകികമായ ഭൗതിക അതീതമായ കാര്യങ്ങളുള്ള വിശ്വാസങ്ങളിൽ മനുഷ്യന് ശരീരം തെറ്റും നിർണ്ണയിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ വിശ്വാസം അവരവരുടെ സ്വാതന്ത്ര്യം ണക്കാക്കാൻ മാത്രമേ പറ്റൂ പക്ഷെ ലൗകികമായി നമുക്ക് ബോധ്യപ്പെടാവുന്ന സർവർക്കും ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ശരിയെ തെറ്റും പറയാം ആ ശരിയും തെറ്റുള്ളവർ പറയുന്നു പലന് പരമ്പരിതാപമേടുന്നോന്ന് പറയുന്നതാണ് നരകം വേണമെന്നൊന്നുമില്ല അങ്ങനെ മനുഷ്യൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു നരകമായി മാറും ൊന്നുമില്ലരകാരിക പ്രയോഗം മനസ്സിലാവുക നരകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കണ്ടിച്ച് ഒരു യാത്രാ വിവരണം എഴുതി വെച്ചിരിക്കുന്ന അല്ല ആലങ്കാരികമായി മനുഷ്യന്റെ ജീവിതം നരകം പോലെയാവും ദുസ്സഹമായി ചെയ്യും എന്നുള്ളത് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിരം തന്നെ കാണണം അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല അപ്പൊ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഗുരുവിന്റെ നിലപാടെന്താണ് അതാകരവരുടെ ഇഷ്ടവും സൗകര്യവും ഒക്കെ അനുസരിച്ച് എന്തെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ ഇത് ശരിയും മറ്റേത് പറയാൻ പാടില്ല എന്നുള്ള എന്തുവേണ്ടി അങ്ങനെ പറഞ്ഞത് ആ മതവിദ്വേഷങ്ങൾ മതവിദ്വേഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ടും മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാനും ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരനെ ശത്രുവായി കാണുന്ന ആ പ്രവണത അതില്ലാതാക്കാനും ഒക്കെ വേണ്ടി ബ്രഹ്മജിജ്ഞാസ ഉപന്യാസമൊക്കെ ബ്രഹ്മ ജിജ്ഞാസയെ നിർദ്ദേശിച്ചു കൊണ്ട് എവിടെ നിർദ്ദേശിച്ചു അതാ ബ്രഹ്മജിജ്ഞാസ അതിനെ നിർദ്ദേശിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു വേദാന്തവാക്യ മീമാംസ ഇനി എന്താണ് നടക്കുന്നത് കാര്യം പറയാൻ ഇനി നടക്കുന്ന എന്താണ് വേദാന്തവാക്യ മീമാംസ എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് വേദാന്തവാക്യ വിചാരമാണ് അതിനുവേണ്ടിട്ടാണ് ഈ ബ്രഹ്മസൂത്രം എഴുതിയിരിക്കുന്നത് അല്ല കേവലമായ സൂത്രത്തെ കുറിച്ച് വിചാരം ചെയ്യാൻ വേണ്ടിട്ടല്ല കാരണം സൂത്രത്തെ സംബന്ധിച്ച് അതിനെന്താ അർത്ഥം എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ വേദാന്തവാക്യങ്ങളുടെ അർത്ഥത്തിലൂടെ തീരുമാനിക്കാൻ പറ്റും അതുകൊണ്ട് പറയുന്നു വേദാന്തവാക്യമീമാംസയാണ് ബ്രഹ്മസൂത്ര വിചാരം എന്ന് പറഞ്ഞാൽ അത് ഉപനിഷത്ത് വാക്യ വിചാരമാണ് അല്ല സൂത്രങ്ങളുടെ ഉപനിഷെ ആശ്രയിക്കാതെയുള്ള സൂത്രങ്ങളുടെ വിചാരം സൂത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ല ഇത് അറിയിരിക്കുന്നത് പിന്നെ ഉപനിഷത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് വേദാന്തവാക്യമീമാംസ അവിരോധി തർക്ക ഉപകരണ വേദാന്തർത്ഥത്തിന് വിരോധമല്ലാത്ത തർക്ക സഹായത്തോടുകൂടി ശങ്കരാരൻ പറയുന്നു ഉപനിഷത്തുകൾക്ക് ഒരർത്ഥമുണ്ട് എന്താണ് അർത്ഥം ഉപനിഷത്തുകളുടെ അർത്ഥം എന്താണ് ബ്രഹ്മയോ നാപര തത്വമസി അഹം ബ്രഹ്മാസ്മിയിലൊക്കെയാണ് അതിന്റെ അർത്ഥം അതാണ് ശങ്കരാചാന്റെ അഭിപ്രായത്തെ അതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല ആ വേദാന്താർത്ഥത്തിന് വിരോധമല്ലാത്തതായ തർക്ക സഹായത്തോടു കൂടി തർക്കോപകരണ തർക്കം എന്നുവെച്ചാൽ യുക്തി യുക്തിയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യേണ്ടത് ബ്രഹ്മവിചാരം ചെയ്യേണ്ടത് വിചാരം എന്തിനെ ആശ്രയിച്ചുള്ള വിചാരം എന്തിനെ ആശ്രയിച്ചുള്ള വിചാരം ഉപനിഷത്ത് വാക്യങ്ങളിലുള്ള വിചാരം അതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും പറയണു ഇനി ചെയ്യാൻ പോകുന്നത് ഉപനിഷത്ത് വാക്യങ്ങളെ കുറിച്ചുള്ള പിന്നെ അത് വേദാർത്ഥത്തിനനുസരിച്ച് തന്നെ ആയിരിക്കണം അവിടെ യുക്തി ആശ്രയിക്കാം പക്ഷെ എന്ത്ണം അനുകൂല ആ യുക്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അദ്വൈതത്തിന് അനുഗൂല അദ്വൈതത്തിന് അനുകൂലമായിരിക്കും കാരണം ഈ വേദാർത്ഥ വിചാരം ചെയ്യുന്ന എല്ലാവരും വേദാന്തത്തിന് വേദാന്ത വിചാര രാമാനുജനായാലും അധുനായാലും എല്ലാവരും വേദാന്ത വിചാരമോ ചെയ്യുന്നു പക്ഷെ ശങ്കരായർക്ക് നിർബന്ധം എന്താണ് അത് അദ്വൈത വിചാരമായിരിക്കണം അതാണ് പറയുന്നത് ശ്രുതി മതഞ്ഞ എന്താണ് ശ്രുതിസമ്മതമായ തർക്കത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം യുക്തിയിലൂടെയാണ് സമർത്ഥിക്കുന്നതെന്ന് സാധാരണ പറയും പേട്ടത്തൊന്നും കൊള്ളാമല്ലോ അത് ഇത് വലിയ യുക്തിവാദികളാണല്ലോ പക്ഷെ അതിനകത്തൊരു അതിനകത്ത് ഒരു വലിയ കുരുക്കുകളൊക്കെ ഉണ്ട് എന്താണ് സ്വതന്ത്രമായ യുക്തി അതവിടെ ഉപയോഗിക്കാൻ പാടില്ല മനസിലായോ ശരിയായ യുക്തി എന്ന് പറയുന്നത് എന്താണ് യുക്തി എന്ന് പറഞ്ഞാൽ യുക്തിയിലൂടെ എത്തിച്ചേരുന്നതായിരിക്കണം സിദ്ധാന്തം അതായിരിക്കണം ശരിയായ യുക്തി ഇതൊക്കെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത് യുക്തിയിലൂടെ എത്തിച്ചേരുന്നതായിരിക്കണം എന്ത് സിദ്ധാന്തം അദ്വൈനത്തില് യുക്തി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെയോ പിന്നെങ്ങനെ ഉപയോഗിക്കണം പറയുന്ന മനസ്സിലാക്കുന്നു ആ അദ്വൈതത്തിൽ എത്തിച്ചേരുന്ന വ്യക്തി ഉപയോഗിക്കാവും എന്നുവെച്ചാ അദ്വൈത സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്ന വ്യക്തികളെ ഉപയോഗിക്കാവും അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി അനുകൂല തർക്കം ശ്രുതി എന്ന് പറഞ്ഞാൽ വെറും ശ്രുതി എന്നുള്ളതല്ല ശ്രുതിയുടെ അദ്വൈതമായ അർത്ഥം അർത്ഥത്തിൽ ഇത് എത്തിച്ചേരത്തക്ക യുക്തികളെ പ്രയോഗിക്കാവും നിങ്ങളുടെ യുക്തികൾ ഈ അദ്വൈതമെന്ന് പറയുന്ന അർത്ഥത്തിന് വിരുദ്ധമായി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ യുക്തി ഉപേക്ഷിക്കണം അങ്ങനെ ഒരു യുക്തിയോട് അവർക്ക് പാടില്ല അപ്പൊ അദ്വൈതത്തിൽ എന്തില്ല സ്വതന്ത്ര യുക്തി എന്ന് പറയുന്ന അദ്വൈതത്തിന് സമ്മതമാണ് അതുകൊണ്ട് നിങ്ങൾ അദ്വൈതത്തിലെ യുക്തി വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ബ്രഹ്മസൂത്രത്തിൽ അവസാനം വരെ അങ്ങനെയാണ് ആദ്യം സിദ്ധാന്തത്തെ മനസ്സി വയ്ക്കണം എന്താണ് ജീവാത്മ പരമാത്മ ഏകത്വം ബ്രഹ്മസത്യം ഈ അടിസ്ഥാന അതുകൊണ്ടാണ് അദ്വൈതം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ചിലര് വളരെ അനായാസമായി അദ്വൈതം പറയും മനസ്സിലാക്കിയും പറയുകയും ചെയ്തു പറയാന്ന് വെച്ചാ അദ്വൈതം മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ടാണ് വേറെ ഉപയോഗം ഒന്നും ഇണ്ട് ഇതിങ്ങനെ മനസിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്കിതിങ്ങനെ ആൾക്കാരോട് പറയാം ഇത് പറയാൻ വേണ്ടിട്ട് പഠിക്കുന്ന വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് സാധിക്കാമുണ്ടോന്നൊന്ന് വിചാരിച്ചോളു മനസിലായോ പഠിക്കുന്നതിന് ഒരു ഉപയോഗമുണ്ട് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങള് പഠിച്ചുകഴിഞ്ഞാ എന്ത് ചെയ്യും പഠിപ്പിക്കൾക്കാരെ സംഘടിപ്പിച്ചു പറയുക അതിനോട് എന്താണ് ഒരു ധർമ്മ പ്രചാരണ സ്വാദ് ഇതൊക്കെ ഉണ്ടോ അവിടെ പോയി കുറച്ച് മസാല പോലെ ഇതുകൂടെ ചേർത്ത് വേറെ വരതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്തിട്ടൊരു സാമ്പാർ പോലെ ആക്കി എന്താണ് അപ്പൊ അദ്വൈതമെന്ന് പറയുന്നത് ആ സിദ്ധാന്തത്തെ എന്ത് ചെയ്യണം നേരത്തേന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതാണ് യുവാമ പരമാ സിദ്ധാന്തത്തിന് എതിരായ ആൾക്കാരുണ്ട് ഒരുപാട് അതിന് അംഗീകരിക്കാത്ത അപ്പൊ ഇവിടെ യുക്തി എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എതിരായ വാദങ്ങളെ ഖണ്ഡിക്കാനും ഈ സിദ്ധാന്തത്തെ സമർത്ഥിക്കാനും വേണ്ടിയാണ് യുക്തി ഉപയോഗിക്കുക അപ്പൊ മുമ്പിൽ ആദ്യ സിദ്ധാന്തം വേണം അല്ലാതെ സ്വതന്ത്ര യുക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു യുക്തിയിലൂടെ ചിന്തിച്ചുപോയി എന്താണ് അവസാനം ഒരു സിദ്ധാന്തത്തെ എത്തിച്ചേരുന്നു ഇനി യുക്തി ആ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ സിദ്ധാന്തത്തെ തള്ളിക്കളയുക യുക്തിയല്ല തള്ളിക്കളയേണ്ടത് ആണതിന്റെ വ്യത്യാസം നിങ്ങൾ യുക്തിയിലൂടെ പോകുന്ന ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നിങ്ങളുടെ യുക്തി ആ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ എന്ത് സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധാന്തത്തെ തള്ളികളും മനസ്സിലായോ നിങ്ങള് സ്വതന്ത്ര യുക്തിയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടി യുക്തി ഉപയോഗിക്കുന്നു നിങ്ങളെ മനസ്സിലൊരു സിദ്ധാന്തമുണ്ട് സ്വതന്ത്ര യുക്തിയുണ്ട് എന്തായാലും പെരുമയസ് എന്ന് പറയും തർക്കശാസ്ത്രത്തിൽ അതൊന്ന് വേണം ഒരു ക്രിമേസ് മനുഷ്യരെല്ലാം മരിക്കുന്നവരാണ് അവിടെയുക്തി ഉപയോഗിക്കുന്നത് എന്താണ് സാറിന് പഠിക്കുന്നതാണ് സോക്കട്രീസ് മനുഷ്യനാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സോക്കട്രീസ് മരിക്കും എന്തുകൊണ്ട് മനുഷ്യരെല്ലാം അപ്പോ മനുഷ്യരെല്ലാം മരിക്കുന്നവരെന്ന് നമ്മള് ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചിട്ടാണ് സോക്രട്ടറീസ് മരിക്കുന്ന പറയുന്നു മനസ്സിലാക്കുക അപ്പോ അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന യുക്തി സ്വതന്ത്രമാണെങ്കിൽ നമ്മുടെ സിദ്ധാന്തത്തിന് ണുന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ യുക്തി ഉപയോഗിക്കും സിദ്ധാന്തത്തെ ഉപേക്ഷിക്കും സിദ്ധാന്തത്തെ ഉപേക്ഷിച്ച് യുക്തിയെ കൊണ്ട് പുതിയ സിദ്ധാന്തത്തെ ഉണ്ടാവണം അദ്വേദി അത് അനുവദിക്കില്ല അദ്വേതി പറയുന്നത് സിദ്ധാന്തത്തിനാണ് പ്രാധാന്യം യുക്തിക്കല്ല അപ്പൊ സിദ്ധാന്തത്തിനെ അനുകൂലിക്കുന്ന യുക്തിയെ ഉപയോഗിക്കാം സിദ്ധാന്തത്തിനെതിരായ ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തള്ളിക്കളയുന്നു അതാണ് പൂർവപക്ഷം ഖണ്ഡിക്കുന്നത് അതിനാണ് അദ്വൈത സമ്പ്രദായം എന്ന് പറയുന്നത് അദ്വൈത സമ്പ്രദായത്തിൽ എന്താണോ സിദ്ധാന്തത്തിനെതിരായ ഒരു യുക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ഈ യുക്തി സിദ്ധാന്തത്തിന് എതിരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ ബോധ്യപ്പെടണോ ഈ യുക്തി സിദ്ധാന്തത്തിനേരാ ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആ യുക്തിയെ നിങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വരും ഇതിന് സിദ്ധാന്തത്തെ സംരക്ഷിക്കാൻ അപ്പൊ യുക്തിയെല്ലാ സിദ്ധാന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവന്റെ ശുത്തി അനുകൂല തർക്കം എന്ന് പറയുന്നത് എപ്പോഴും സിദ്ധാന്തത്തെ എത്തിച്ചേർന്നു അപ്പൊ സ്വതന്ത്ര യുക്തി സാധ്യമല്ല സ്വതന്ത്ര യുദ്ധിയെന്ന് പറയുമ്പോ എന്താണ് സിദ്ധാന്തങ്ങൾ മാറിക്കൊണ്ടേ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ നിങ്ങൾ യുക്തി പ്രയോഗിക്കുന്നവരെന്നാണ് ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് യുക്തി സ്വതന്ത്രമായി യുക്തി ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങക്ക് ആ സിദ്ധാന്തത്തിൽ പോരായ്മ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല നിങ്ങള് എന്ത് ചെയ്യണം ആ യുക്തിയെ അനുകൂലമായ യുക്തികൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതികൂലമായി വരുന്നതിനൊക്കെ തള്ളിക്കൊണ്ട് തള്ളിക്കളയുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും അദ്വൈതി പറയുന്നത് കാരണം അദ്വൈതിയെ സംബന്ധിച്ച യുക്തിയല്ല മുഖ്യം എന്താണ് സിദ്ധാന്തമാണ് സിദ്ധാന്തത്തിനൊരിക്കലും കോട്ടംബരൻ മനസ്സിലായേ സിദ്ധാന്തത്തിനൊരിക്കലും കോട്ടം വരാൻ പാടില്ല അവിടെ സ്വതന്ത്ര യുക്തി പാടില്ല എന്നുള്ളതാണ് ശരി അതുകൊണ്ട് ആ സിദ്ധാന്തത്തിന് ഇത്രയും സംരക്ഷിക്കണം സിദ്ധാന്തത്തിന് കോട്ടം വരാൻ പാടെല്ലാം യുക്തി ഉപേക്ഷിക്കണമെന്നൊക്കെ അദ്വൈതി എന്തുകൊണ്ട് വാശി പിടിക്കുന്നു ആ അത് ശ്രുതിയുടെ താല്പര്യമാണെന്നാണ് അദ്വൈതിയുടെ നിലപാട് ശ്രുതി അദ്വൈതി വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് അദ്വൈതപരമായിട്ടാണ് അത് ശ്രുതിയുടെ താല്പര്യമായ ശ്രുതിയുടെ താല്പര്യത്തിനെതിരായി നിങ്ങൾക്ക് യുക്തി ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അതാണ് പറഞ്ഞ് തർക്ക ഉപകരണ ഈ യുക്തി എന്ന് പറയുന്ന ഒരു സഹായി മാത്രമാണ് അത് പ്രമാണമല്ല പ്രമാണമായിരിക്കുന്നത് എന്താണ് അതിൽ നിന്നാണ് പ്രമേയം ഉണ്ടാകുന്നത് തർക്കം അല്ലെങ്കിൽ യുക്തി ഒരു സഹായി മാത്രമാണ് അതാണ് അദ്വൈതത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ എന്താണ് സ്വതന്ത്ര യുക്തിയിലൂടെ സിദ്ധാന്തങ്ങള് എത്തിച്ചേരുക അങ്ങനെ വരുമ്പോ സിദ്ധാന്തങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അദ്വൈതിക സംബന്ധമായ കാര്യം ശ്രുതി പ്രമാണ സ്വീകരിക്കുന്നു അതുകൊണ്ട് പറയുന്നു തത് അധി വേദാന്തവാക്യാർത്ഥമായി വരുന്ന ആ സിദ്ധാന്തത്തിന് വിരോധം വരാത്തതായ തർക്കണ തർക്കമാവുന്ന സഹായത്തോടു കൂടി എന്താണ് വിചാരം വേദാന്തമാക്കി വെച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടെ എന്താണ് മോക്ഷം പ്രയോജനം ഇത്രയും വാശി അന്ധൈര്യ പിടിക്കുന്ന എന്തുകൊണ്ട് ഇതിന്റെയുള്ള ഈ വിചാരം ഇമാം സംബന്ധിച്ച വിചാരം വേദഅന്ധവാക്യാർത്ഥ വിചാരം ആ വിചാരത്തിന്റെ ഹലോ എന്ന് പറയുന്നത് എന്താണ് നിശ്രേയസം നിശ്രേയസം എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രമേ നിശ്രേയസം ഉണ്ടാവൂ ഈ വിചാരത്തിലൂടെ മാത്രമേ നിശ്രേയസം മോശം ഉണ്ടാകും അല്ലെങ്കിൽ ഈ വിചാരത്തിലൂടെ ലഭിക്കുന്ന എന്തോ അതാണ് മോക്ഷം അത് വേദാന്താർത്ഥ വിചാരം എന്ന് വെച്ചാൽ അദ്വൈത വിചാരം അദ്വൈത വിചാരത്തിലൂടെ മാത്രമേ എന്തുണ്ടാവൂ നിശ്രയസം ഉണ്ടാകൂ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എന്താണ് അനർത്ഥത്തെ പ്രാപിക്കും ബാക്കി ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ വിചാരം ചെയ്ത എൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നരകത്തെ പ്രാപിക്കും ജനന മരണങ്ങളെ പ്രാപിക്കും സംസാരത്തെ പ്രാപിക്കും അപ്പം അതുകൊണ്ടാണ് ഈ ഈ വാശിയെല്ലാം പഠിക്കുന്നത് നിശ്രേസം എന്ന് പറയുന്നത് അദ്വൈത വിചാരത്തിൻ്റെ അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ നിങ്ങൾ അദ്വൈതത്തെ അനുകൂലിക്കുന്ന തർക്കത്തെ ഉപയോഗിക്കണം അദ്വൈതത്തിനെതിരായി വരുന്ന ദ്വൈതത്തെ സമർത്ഥിക്കുന്ന ഒരു യുക്തി ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇതിനാണ് എന്താണ് തിങ്കിങ് എന്ന് പറയും എന്താണ് ഒറ്റരത്തിൽ ചിന്തിക്കാൻ അനുവദിക്കായിരിക്കും എന്താണ് ഒറ്റ വഴി അദ്വൈതം പരമായ സത്യം ആ അദ്വൈത വിചാരം കൊണ്ട് മാത്രമേ എന്തുണ്ടാവൂ വിശ്രേസം ഉണ്ടാവൂ അതിനനുകൂലമായ തർക്കമേ ഉപയോഗിക്കാവൂ അതിന് വിരുദ്ധമായി വരുന്നതെല്ലാം എന്താണ് അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു വഴിക്ക് സഞ്ചരിക്കുക ഏകമുഖമായി ചിന്തിച്ചു പോകുന്നു ഇതിനാണ് ലീനിയർ തിങ്ക ഇത് എന്താണ് ഇന്നത്തെ തത്വചിന്തയിലൊക്കെ ഇത് അത്ര കേട്ടല്ല കരുതുന്നു ശങ്കരാചാര്യരുടെ സിദ്ധാന്തം കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോ പലരും അതിനെ വിമർശിക്കുന്നതിന് കാരണം ഇതാണ് ശങ്കരാചാര്യ മഹത്തായ ഒരു ദർശനത്തെ അവതരിപ്പിച്ചു അദ്വൈതം എന്നൊക്കെ പറയുമ്പോ അദ്വൈതത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ശങ്കരാചാര്യ സ്വീകരിച്ച വഴി എന്താണ് എൻജീനിയർ തിങ്കിങ്ങൾ കുതിരയുടെ കണ്ണില് രണ്ടു സൈഡിലും കാഴ്ച ഇരിക്കാൻ വേണ്ടിട്ട് എന്ത് വയ്ക്കും മറച്ചു വയ്ക്കും മറച്ചു വച്ചിട്ട് വച്ചിട്ട് അതിനെ ഓടിക്കും അത് ഒരു വഴിക്കേ പോകാവോ അങ്ങോട്ട് നോക്കാൻ പാടില്ല നല്ല ലക്ഷത്തിലെത്തിച്ചേരും അതുപോലെ അദ്വൈതീടെ ഒരേ ഒരു വരി വഴിക്ക് ഇവിടെ ഓടിച്ച് അവസാനം എത്തിച്ചേരുന്നതാണ് എന്തത് അദ്വൈതാന്തം എന്ന് പറയുന്നു അത് ശരിയായ ഒരു ചിന്താപദ്ധതി അല്ല കാരണം അതിനിങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങൾ കാണിക്കുന്നുണ്ട് എന്താണ് വേറെ ഒന്നിനും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോ ഇതാണോ ഗുരുവിന്റെ ചിന്ത ആ അതാണ് ഗുരു അദ്വൈതത്തെ അപ്പോ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെയാ സ്വീകരിക്കുന്നു അദ്വൈതത്തെ ഒരു ദർശനമായി ഗുരു സ്വീകരിക്കുന്നു അദ്വൈതത്തെ ഒരു ദർശനമായി സ്വീകരിക്കുമ്പം തന്നെ ഇതുവെച്ച് മനസ്സിലാക്കണം മറ്റ് ദർശനങ്ങളും അതുപോലെ തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നൊരു നിലപാടുകൂടെ എടുക്കുന്നു അപ്പം അവിടെ ലീനിയർ തിങ്കിങ് പറയാൻ പറ്റില്ല അദ്വൈതത്തെ ഒരു പ്രധാന ദർശനമായി സ്വീകരിക്കുന്നു പക്ഷേ ആ ചിന്താ രീതി ശങ്കരാതി അല്ല ശങ്കരാ ചിന്താ രീതിയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും ബാക്കിയെല്ലാം തള്ളിക്കളയേണ്ടി ഒരു അതല്ല അദ്വൈതത്തെ സ്വീകരിക്കുന്നു ഒരു ദർശനമായി വളരെ കാരണം വളരെ പ്രബലമായ യുക്തിയും അതും ഇതൊക്കെ ദർശനമായിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുമ്പം തന്നെ എന്ത് ചെയ്യുന്നു മറ്റുള്ളതിനെല്ലാം അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു വെച്ചാൽ അത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് അതുമാകാം സൗകര്യപ്പിനോട് പറഞ്ഞത് നമ്മുടെ അഭിപ്രായം അയ്യപ്പനും നേരത്തെ തന്നെ അറിയാമല്ലോ എന്താണ് എന്താണ് നമുക്ക് എല്ലാ മതവും സമ്മതം തന്നെ മനസിലായോ അപ്പൊ ശങ്കരാചാര്യ ചിന്തയിൽ നിന്നും വളരെ വ്യത്യസ്തതയുണ്ട് നമുക്ക് എല്ലാ മതവും സമ്മതം തന്നെ പറയുമ്പോ എന്താണ് അദ്വൈതത്തെ അംഗീകരിച്ചത് ഗുരു ശങ്കരാചാര്യ വഴിക്ക് സഞ്ചരിക്കുന്ന ആളാണെന്ന് ധരിച്ചടയരുത് മനസ്സിലായോ അദ്വൈതമെന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു അതിനെ ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഗുരു പറയുന്ന എന്താണ് നമുക്ക് എല്ലാവിധവും സമ്മതം തന്നെ ശങ്കരാചാര്യൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ പിന്നെ അദ്വൈതത്തിന്റെ കാര്യം പറയുമ്പോഴാണ് പറയുന്നത് എന്താണ് ആ ഇത് ശങ്കരാചാര്യ പറയും ഇത് തന്നെ ഗുരുവെന്ന് പറയുന്നു പക്ഷെ അതുകൊണ്ടാണ് സൗകര്യം പറയുന്നത് ഗുരുവാരാണ് മനുഷ്യ ഒരു സ്വതന്ത്ര ചിന്തകൻ ശങ്കരാചാര്യ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ശങ്കരാചാര്യ സ്വതന്ത്ര ചിന്തകൾ അല്ല ഒരു വല്യ വ്യത്യാസമാണ് ഗാന്ധിജിയായിട്ടുള്ള സംഭവത്തിനും എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണത്തെ കുറിച്ച് അവരോട് അഭിപ്രായ വ്യത്യാസം അത് ഒരു പറഞ്ഞ അവിടെ പല കാര്യങ്ങളും രേഖപ്പെടുത്തി എന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് കാരണം ജാതിയൊന്നും ഇല്ലാന്നു പറഞ്ഞായിട്ട് രേഖപ്പെടുത്തി ഗുരുവകനെ പറയൂ ജാതിയില്ല എന്തെങ്കിലും എന്തെങ്കിലും ജാതി ഇല്ല എന്തൊരു പറഞ്ഞായിട്ട് എഴുതിട്ടുണ്ട് ഗുരുവകനെ പറയൂ സത്യസന്ധതയുള്ളവരോട് പറഞ്ഞ അഭിപ്രായങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ അങ്ങനെ സത്യസന്ധതയുള്ള ഒരു ശിഷ്യൻ ആണ് അവര് സഹോനയ സഹോദരനയ്യപ്പനോട് പറഞ്ഞ നമുക്ക് ഗുരു പറഞ്ഞതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാം മറ്റ് പറഞ്ഞത് അവര് സി സി വയ്യപ്പുള്ളവര് പറഞ്ഞ ഗുരു പറഞ്ഞിരിക്കാൻ പറ്റും കാരണം അവരും അവരുടെ അഭിപ്രായങ്ങൾ അവർ അവർക്ക് ിവി പറഞ്ഞോളൂ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത് ഗുരുവാക്കിയെന്ന് അപ്പൊ ഗുരുവിനെ കുറിച്ചൊന്നും ശരിയായ ധാരണയില്ല എനിക്കുള്ളതുപോലെ എന്നൊക്കെ ഒരു ധാരണയോടാണ് അവര് പറയുന്നതിന് സ്വീകരിക്കാൻ പറ്റില്ല ഗുരു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ മതവും സമ്മതം തന്നെ എന്ന് പറയുമ്പോ ചന്ദ്രാചാര്യ ചിന്താഗതി പറയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുക എന്താണ് പരമസത്യം ജഗത്മിഥ്യ എന്നൊക്കെ പറയുന്ന ഗുരുവും പറഞ്ഞിട്ടുണ്ട് ചങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെക്കേണ്ട കാര്യം